സെഖരിയാ അധ്യായം ഒന്ന് ദാരിയാവേശിന്റെ രണ്ടാമണ്ട് എട്ടാം മാസത്തിൽ യുദ്ധപ്രവാചകന്റെ മകനായ ബരഖ്യാവിന്റെ മകനായ സെഖരിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു ആകയാൽ നീ അവരോട് പറയേണ്ടത് സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എങ്കിലേക്ക് തിരുവീൻ എന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട് എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കളേക്കും തിരിയുമെന്ന് സൈന്യങ്ങളുടെ ഹോവ അരുളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത് സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവർത്തികളെയും വിട്ടുതിരുവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവിയുടെ അരുളപ്പാട് നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ എന്നാൽ ഞാൻ എന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചില്ലയോ ഞങ്ങളുടെ വഴികൾക്കും പ്രവർത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ ഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ മനംതിരിഞ്ഞ് പറഞ്ഞില്ലയോ ധാരിയാവേശിന്റെ രണ്ടാമണ്ടിൽ ശബാത്മാസമായ പതിനൊന്നാം മാസം തീയതി ഇദ്ദോവിന്റെ മകനായ ബരഖ്യാവിന്റെ മകനായ സെഖരിയാ പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്ന് അവന്റെ പിമ്പിൽ ചുവപ്പും കരാൽ നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു യജമാനെ ഇവർ ആരാകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നോട് പറഞ്ഞു എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയശ്ചരിക്കുന്നവർ തന്നെ എന്നുതരം പറഞ്ഞു അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട് ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു സർവഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്നുതരം പറഞ്ഞു എന്നാറേ യഹോവയുടെ ദൂതൻ സൈന്യങ്ങളുടെ യഹോവെ ഈ എഴുപത് സംവത്സരം നീ ക്രൂധിച്ചിരിക്കുന്ന യരുശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു അതിന് യഹോവയെന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത് നീ പ്രസംഗിച്ച് പറയേണ്ടതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ഞാൻ എരുശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു ഞാൻ അൽപ്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു അതുകൊണ്ട് ഈ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ കരുണയോടെ എരുശിലേമിംഗലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്റെ ആലയം അതിൽ പണിയും എരുശിലേമിന്മേൽ അളവുനൂൽ പിടിക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട് നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത് സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും യഹോവ ഇനിയും സിഒനെ ആശ്വസിപ്പിക്കുകയും ഇനിയും ഏരിശലേമിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ നാല് കൊമ്പ് കണ്ടു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട് ഇവ യഹൂദയെയും ഇസ്രയേലിനെയും യരുസലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്നുത്തരം പറഞ്ഞു യഹോ എനിക്ക് നാല് കൊല്ലന്മാരെ കാണിച്ചു ഇവർ എന്തു ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിനവൻ ആരും തലയുയർത്താതവണ്ണം യഹൂദയെ ചിതറിച്ചു കൊമ്പുകളാകുന്നു അവ ഇവരോ യഹൂദാ ദേശത്തെ ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു